സത്യവിശ്വാസികളെ മറിയമിന്റെ മകൻ ഈസ അലിഹിസ്സലാം തന്റെ അനുയായികളോട് അള്ളാഹുസുബഹാനഹു വച്ചാലായുടെ മാർഗത്തിൽ എനിക്ക് സഹായികളാരാണ് ചോദിച്ചതുപോലെ നിങ്ങളും അള്ളാഹു സുബാനഹുവലായുടെ സഹായികളായിരിക്കുക അപ്പോൾ അനുയായികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹു സുബഹാനഹുവലായയുടെ സഹായികളാണ് അങ്ങനെ ഇസ്രായേൽ സന്തതികളിൽ ഒരു വിഭാഗം വിശ്വസിക്കുകയും ഒരു വിഭാഗം സത്യനിഷേധികളാവുകയും ചെയ്തു വിശ്വാസികളെ അവരുടെ ശത്രുക്കൾക്കെതിരെ നാം സഹായിച്ചു അങ്ങനെ അവർ വിജയികളായിത്തീർന്നു